സ്മതി <laughs> <laughs> സമ ശ്രീ മന്ദ്രസേ വന്ദ ഭഗരാ सोत्रो शोरो शोर ले आंको ले लेई शोरो वेररा गा, ले मोखे हेरवा समात करई हाले लेछुवा मोते അത്രമാനമതി ശ്രുതം ശ്രുതമേവം അനശണോതി പു പ്രത്യുഭവം അത്രേക്ഷ ദേവ സ്വപ്നയും അഭിമാനം അനുഭവത്തി അതിനാണ് ഇവിടെ വിശദീകരിച്ചത് ഈ ദേവൻ സ്വപ്നത്തിൽ നാനാഭാവങ്ങളെ അനുഭവിക്കുന്നു അവിടെ ദേവൻ എന്ന് പറഞ്ഞത് മനസ്സെന്ന് പറഞ്ഞു ചർച്ച ചെയ്തു മനസ്സിനെന്താണവിടെ പ്രാധാന്യം മനസ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നിടത്ത് പറഞ്ഞതിന്റെ താല്പര്യമാണ് മനസ്സെന്ന് പറയുന്നിടത്ത് കേവലം മനസ്സ് ഭൗതികമായ ഒരു വസ്തു അങ്ങനെ എടുക്കരുത് ഞാൻ കാണുന്നു കേൾക്കുന്നു എന്നെല്ലാം പറയുന്നത് അതായത് വ്യവഹാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക ഈ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വ്യവഹാരത്തെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് ബുദ്ധി എന്നെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ കേരളം ഒരു ഭൗതികമായ വസ്തു ഒരു പദാർത്ഥം ആണ് മനസ്സ് അങ്ങനെ എടുക്കരുത് അവിടെ ചൈതന്യത്തിന്റെ സാന്നിധ്യം അതുകൂടി മനസ്സിലാക്കണം അപ്പൊ ചൈതന്യ മനസ്സ് എന്ന് ഗ്രഹിക്കുന്നു തിരിച്ചു അതേ സന്ദർഭത്തിൽ തന്നെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യവഹാരത്തെ സംബന്ധിച്ച് കേവലമായ ശുദ്ധമായ അദ്വൈതമായ ജ്ഞാനമെന്നെടുക്കരുത് അവിടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധിയാണെങ്കിൽ കൂടെ ചേർത്ത് മനസ്സിലാക്കും അവിടെയും ഗ്രഹിക്കേണ്ട എങ്ങനെ ജ്ഞാനം ബുദ്ധിയുക്തമായ ജ്ഞാനം മനസ്സിനോട് കൂടി ചേർന്ന് ജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ ബുദ്ധി വേറെ ജ്ഞാനം വേറെ എന്ന് വേർതിരിക്കാൻ കഴിയില്ല കാരണം ഇത് രണ്ടും ചേരുന്നിടത്തേ ഉള്ളൂ വ്യവഹാരം ഇവിടെ ഇപ്പം പറയുന്നത് സ്വപ്ന വ്യവഹാരത്തെ സംബന്ധിച്ച് സ്വപ്നം വ്യവഹാരത്തിൽ രണ്ടുമുണ്ട് അവിടെ വ്യവഹാരത്തിനാവശ്യമായ മനസ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞു മനാത്യുപാധി ജനിത മനസ്സ് തുടങ്ങിയ ഉപാധി ജനിതമാണ് അവിടുത്തെ വ്യവഹാരം സ്വപ്നത്തിൽ ജാഗ്രതത്തിലെ വ്യവഹാരവും മനസ്സ് ബുദ്ധി തുടങ്ങിയ വ്യവഹാര ഉപാധികളോടുകൂടിയതാണ് പക്ഷെ അവിടെ ചൈതന്യം അത് മുഖ്യമാണ് ചൈതന്യമില്ലാതെ എന്ത് വ്യവഹാരം എന്നുള്ള അപ്പോൾ വ്യവഹാരത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ ഏതു ഭാഗത്തായാലും ശരി ആ വ്യവഹാരം ഇനി ഏതുവരെ ആകാം അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വയം ജ്യോതിഷാണ് ആത്മാവ് നിത്യമുക്തമാണ് ഇനി മുക്തിയെ കുറിച്ച് പറയുന്നു ജ്ഞാനം കൊണ്ടുള്ള മുക്തി സർവ്വസംസാരം നിവൃത്തി എന്ത്ഞ്ഞാലും ശരി അത് ഇവിടെ ഈ ചിത്തിന്റെയും ജഡത്തിന്റെയും അതിന്റെ താതാന്യത്തിലാണ് ഇത്തരം വ്യവഹാരങ്ങളെല്ലാം ബന്ധമോക്ഷ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ടത് അവിദ്യ നിമിത്തമാണ് അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അവിദ്യ മിനർമുക്തം എന്ന് പറഞ്ഞാലോ അവിദ്യാരഹിതം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അവിദ്യാ വിഷയമാണെങ്കിൽ അവിദ്യ മിനർമുക്തമായിരിക്കുന്നത് സുഷു അത് എങ്ങനെയുള്ള സുഷുതി സൃഷ്ടിയെന്ന് പറഞ്ഞാലും പോരാ കാരണം സൃഷ്ടിയെക്കുറിച്ചും നമ്മൾ വ്യവഹരിക്കുന്നു സുഖം അഹം അസ്വാസം എന്ന സുഷുതിയെ സംബന്ധിച്ച് വിവഹരിക്കുന്നുണ്ടോ ആ വ്യവഹാരത്തിൽ ഈ ദോഷം വരും ചിജ്ജടത്താതാത്മ്യം വരും അപ്പോ സുഷുദ്ധി എന്നെടുക്കുമ്പോ സുഷുതിയെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കുമ്പോ സുഷുദ്ധിയെ അവിദ്യരഹിതമായി ഗ്രഹിക്കുമ്പോൾ എന്ന് പ്രത്യേകം പറയുന്നു സുഷുതി അവിദ്യായുക്തമായും ഗ്രഹിക്കാം ആത്മനിഷ്ഠമായി ഗ്രഹിക്കുമ്പോൾ അവിടെ അവിദ്യാദി കാര്യങ്ങളൊന്നുമില്ല അവിദ്യയും അതിന്റെ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അല്ല സുഷിത്തിയെ തന്നെ ഒരു വിഷയം നിഷ്ഠമായി ഗ്രഹിക്കുമ്പോൾ ശരീരനിഷ്ഠമായി പ്രാണൻ നിഷ്ഠമായി എല്ലാം ഗ്രഹിക്കുമ്പോൾ ഇതല്ല അവിടെ വരും അവിടെ എന്താണ് വ്യവഹാരമില്ല അവിടെ അവിടെ ചട തഥാത്മ്യല്ല അല്ലെങ്കിൽ അധ്യാസ അത് അധ്യാസശൂന്യമായ കേവലമായ സ്വരൂപസ്ഥിതിയാണ് എന്ന് ഗ്രഹിക്കണം ശ്രുതി തന്നെ ഇത് രണ്ടും പറയുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും ഒരു സ്ഥലത്ത് പറയും അത് ഉപാധിരഹിതമാണ് മറ്റൊരു സ്ഥലത്ത് വരെ എന്താണ് അവിടെ ആ ജീവൻ ഹൃദയത്തിൽ വസിക്കുന്നു വേറെ തര പ്രാണന്മാർ ഉണർന്നിരിക്കുന്നു രണ്ടും വരും രണ്ടും ഒരിടത്ത് തന്നെ പറയുന്നു അത്ര പുരുഷസ്വയം ജ്യോതി വിശേഷണം അനർത്ഥകംഭവതി അങ്ങനെയും പറയുന്നു ഇത് സ്വപ്നത്തെ സംബന്ധിച്ചാലും സുരക്ഷിതയെ സംബന്ധിച്ചാലും ഒരുമിച്ച് പറയുകയാണ് മുഖ്യമായും പറയുന്ന അത്രയും പുരുഷസ്വയം ജ്യോതി പുരുഷൻ സ്വയം ജ്യോതിഷെന്ന് പറഞ്ഞിരിക്കുന്നു സ്വയം ജ്യോതിസായ പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടാമതൊന്നില്ല അവിടെ കേവലനായ പുരുഷനാണ് അവിടെ മനസ്സോ മറ്റു കർണങ്ങളോ ഒന്നും ആവശ്യമില്ല അത് സ്വയം ജ്യോതിസായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവലമായ അറിവായിരിക്കുന്നു അത് അറിവിന്റെ സ്വരൂപമാണ് അറിവിന്റെ കേവലമായ സ്ഫുരണമാണ് അവിടെ ഒരു തരത്തിലുള്ള ിയോ ഒന്നിനോടും വരാൻ പാടില്ല പക്ഷെ എന്നിട്ട് പറയുന്നു എന്നാൽ അവിടെ സദേവ ആ മനസ് അനുഭവിക്കുന്നു പറഞ്ഞു മഹിമാനം അനുഭവതി ഇതാണ് വിരോധം വരുന്നത് അത്രയും പുരുഷസ്വയം ജ്യോതിരുതി വിശേഷനും അനർഥകം ഭവതി അനുസവനം പറയുന്ന വെച്ചതേ പറയുന്നു ഇത് മാത്രമല്ല അത്രയും പുരുഷസ്വയം ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ മനസ്സിന്റെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇത് രണ്ട് യോജിക്കുന്നില്ല ഇതിലേതാണ് ശരി പറയുന്നു നിങ്ങൾ പറയുന്നത് അത്യല്പമായ കാര്യമാണ് അത്യല്പകാര്യം എന്ന് പറഞ്ഞെന്താണ് വളരെ സമഗ്രമായി വിചാരം ചെയ്ത് നിർണയിക്കേണ്ട ഒരു തത്വത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തിട്ട് സംസാരിക്കുക ചിന്തിക്കുക എന്നിട്ട് അതാണ് മുഖ്യമായ പ്രധാനമായ തത്വം അവതരിപ്പിക്കുക അത് ഇതിനെക്കുറിച്ച് സമഗ്രമായ പൂർണമായ ജ്ഞാനം അതാണ് വേണ്ടത് അല്ലാതെ ഭാഗികമായ ജ്ഞാനം കൊണ്ട് ഒരു നിശ്ചയത്തിലെത്താൻ കഴിയില്ല നമുക്ക് തോന്നു അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ എങ്ങനെ പറഞ്ഞു അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ പറയുന്ന ദോഷമില്ല എന്തുകൊണ്ട് ഇത് പറയുന്ന ഒന്നും തന്നെ പരമാർത്ഥമാണെന്ന് അവകാശപ്പെടുന്നുണ്ട് പറഞ്ഞല്ലോ എല്ലാം അവിദ്യാകാര്യമാണ് അവിദ്യാനിമിത്തമാണ് മനസാകുന്ന ഉപാധിജനകമാണ് അതുകൊണ്ട് ഒന്ന് ശരി മറ്റൊന്ന് തെറ്റെന്നല്ല ഓരോന്ന് ഓരോ രീതി പറയുന്നു ഓരോ പ്രക്രിയകൾ പറയുന്നു ഒന്നിന് വിരുദ്ധമായിട്ട് മറ്റൊന്നല്ല പറയുന്നു ഏത് വിരുദ്ധമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും തത്വത്തെ അറിയണം അതാണ് പറയുന്നതിന്റെ ഉദ്ദേശം ഇത് പകലാണെന്ന് പറഞ്ഞാലും ഇത് രാത്രിയാണെന്ന് പറഞ്ഞാലും പെട്ടെന്നൊരു വിരോധം തോന്നും അതങ്ങനെ ശരിയാകും പക്ഷെ അത് സമന്വയിക്കുന്ന ഒരു തലക്കാണ് എവിടെ അത് സമന്യിക്കുന്നുണ്ട് അതിനെ സമന്വയിപ്പിക്കാൻ കഴിയും എവിടെ ഈ രാമനെയും പകലിനെയും സൃഷ്ടിക്കുന്ന ആദിത്യന് ആദിത്യന് പകലുമില്ല രാത്രിയുമില്ല പക്ഷെ ഒരു സ്ഥലത്തത് പകലായും വേറെ സ്ഥലത്ത് അത് രാത്രിയായും അനുഭവപ്പെടും അപ്പോൾ ഇതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥൂലമായൊരു വിരോധം ആത്യന്തികമായും വിരോധം ഇല്ല അതുകൊണ്ട് പുരുഷൻ സ്വയം എന്ന് പറയുക പിന്നീട മനസ്സെന്ന് പറയുന്ന കർണമുണ്ടെന്ന് പറയുക അതുപോലെ വേറെന്ന് പറയുന്നു ജയേഷു അന്തഹഹൃദയ ആകാശ തസ്മിൻ സീതേ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന എന്താണ് ഉറക്കത്തിൽ സ്വപ്നം കഴിഞ്ഞ ദിവസം പറഞ്ഞ അത് ശരിയല്ല എങ്കിലും സാമാന്യ ലോകരുടെ അനുഭവം അതാണ് അവിടെന്താണ് പറയുന്നത് അന്തർഹൃദയ ആകാശത്തിൽ അവൻ സഹിക്കുന്നു പൂർണ്ണമായിരിക്കുന്ന നിത്യമുക്തമായിരിക്കുന്ന ഒന്ന് ഏത് ഹൃദയത്തിൽ ഏതാകാശത്തിൽ ഇവിടെ സഹിക്കുന്നു നമ്മളെന്താ കട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ ആത്മാകാശം എന്ന് പറയുന്ന കട്ടിലിൽ പോയി കിടന്നുറങ്ങുകയാണ് അങ്ങനെയെല്ലാം പറയാൻ കഴിയും അല്ലല്ലോ ഇതി അന്തർഹൃദയെ പരിച്ഛേതേ സുതരാം സ്വയം ജ്യോതിഷം ബാധ്യത പറയുന്നങ്ങൾ ഒന്നിൽ നിന്നാ ശരി ഈ സ്വയം ജ്യോതിഷായിരിക്കുന്ന ഈ ആത്മാവ് സ്വപ്നത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അത് സ്വപ്നദിഷ്ടാവും ദൃശ്യവുമായി നിൽക്കുന്നു അവിടെ മനസ്സിന്റെ ആവശ്യമില്ല ശരി മനസ്സിനെ തള്ളിക്കളഞ്ഞാലും ഉടനെ അടുത്ത് പറയുന്നവൻ അന്തർഹൃദയത്തിൽ സഹിക്കുന്നു അപ്പോൾ അവൻ സ്വതന്ത്രനല്ലല്ലോ അവൻ സഹിക്കാൻ ഒരു ഇടം വേണമല്ലോ വീണ്ടും അതിൻ്റെ സ്വയം പ്രകാശത്ത് ഹാനി വരും ഒന്ന് ഒഴിവാക്കിയാൽ വേറെ ഒന്ന് വരും കാരണം പലതരത്തിലും ഇതിനെ വർണ്ണിച്ചിരിക്കണം അന്തർഹൃദയ സ്വയം ജ്യോതിഷം ബാധ്യത അപ്പോ ഒന്നിനെ ിയാൽ മറ്റൊന്നു വരും അത് ഒഴിവാക്കിയാൽ മറ്റൊന്നുവരും എന്നുവെച്ചാൽ ഈ തത്വത്തെ വിശദീകരിക്കുമ്പോൾ വിശേഷിച്ച് സുഷുപ്തി എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തത്വത്തെ വിശദീകരിക്കുമ്പോൾ പല ഉപാധികളെയും മനസ്സ് മാത്രമല്ല മനസ്സ് ഹൃദയം പിന്നെ ഇനി പറയും പുരീത നാടി പിന്നെ പറയും പ്രാണൻ പലതിനെയും പറഞ്ഞിരിക്കുന്നു ഇതാണ് ആൾക്കാരിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നത് അവിടെ നിത്യമുക്തനാണെന്ന് പറയുന്നു പിന്നീട് പറയുന്നു അവിടെ പ്രാണനുണ്ടെന്ന് പിന്നീട് പറയുന്നു അവിടെ പുരീത നാടിയുണ്ടെന്ന് പിന്നെ പറയുന്നു മനസ്സുണ്ടെന്ന് അങ്ങനെ ഇതിൻ്റെ കാര്യമായി അവിദ്യയുണ്ടവിടെ അപ്പം ഇതെല്ലാം സ്വീകരിക്കണമല്ലോ പിന്നെ എങ്ങനെ അവദ്യാശൂന്യനായ അപൂർണൻ എന്നെങ്ങനെ പറയാൻ പറ്റും ൊന്നിനായിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒന്നിനെ ഒഴിവാക്കിയാൽ വേറെ സിദ്ധാന്തി പറയാണ് എന്നാലും അവിടെ ഈ ചോദ്യം ചോദിക്കുന്നതാണ് പറയുന്നു സത്യം ഏവമയോ ദോഷവും ശരിയാണ് ഒന്നിനെ ഒഴിവാക്കിയാൽ വേറെന്ന് വരും മനസ്സവിടെ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് ദോഷം ഉണ്ട് ശരി അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ ഹൃദയം വരുന്നു പിന്നെ പ്രാണൻ വരുന്നു പിന്നെ നാടി വരുന്നു യഥിശ്വാ സ്വപ്നെ കേവല ദയാ സ്വയം ജ്യോതിഷം തവത് അപനീതം ഭാരസീതി പറയുന്നു ഇങ്ങനെ ഒരുപാട് ഭാരം ചുമക്കേണ്ടി വരുമ്പോൾ ഒരു ഭാരത്തെ മാറ്റിവെക്കുന്നത് നല്ലതാണല്ലോ അവിടെ ആകാശത്തെ കുറിച്ച് പറഞ്ഞു നാടികളെ പറഞ്ഞു പ്രാണനെ പറഞ്ഞു അതൊരു ശരി അതുകൊണ്ട് ഇനി മനസ്സിനെ കൂടെ സ്വീകരിക്കണമെന്നെന്താ മനസ്സിനെ ഒഴിവാക്കിയിട്ട് അത്രയും ഭാരം കുറയ്ക്കുക പൂർവക്ഷ പറയണം അത്രയും തത്വത്തിന് വ്യക്തത വരട്ടെ അവിടെ മനസ്സല്ല കേവലമായ ചൈതന്യം തന്നെയാണെന്ന് പറയുക അത്രയും തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള തടസ്സം മാറിക്കിട്ടെ ആത്മതത്വത്തെ അതിന്റെ പൂർണതയിൽ ഗ്രഹിക്കുന്നതിനിപ്പോൾ തടസ്സമായിരിക്കുന്ന എന്താണ് അവിടെ മനസ്സുണ്ടെന്ന് പറഞ്ഞത് അതങ്ങ് ഒഴിവാക്കുക പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് നോക്കാം എന്നാ സത്യമേശ്യ സ്വയം ജ്യോതിഷ അർദ്ധം ദാവത് അപനീതം ഭരസ്യ സ്വപ്നത്തിൽ അത് സ്വയം ജ്യോതിഷ മനസ്സോ രണ്ടാമതോന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഭാരം കുറഞ്ഞു ആത്മാവ് സ്വയം ജ്യോതിസാണ് എന്ന് ഗ്രഹിക്കുന്നതിന് ഉള്ള വിഗ്രഹങ്ങൾ വിഗ്നങ്ങളിൽ ഒന്നു പോയി മുഖ്യമായൊന്നു പോയി മനസ് പറയുന്നു എന്നാലും എന്റെ രക്ഷയില്ല തത്രാവേ പുരീതതി നാടീ ശുശേദി പറയുന്നത് ശരി അത് ഒഴിവാക്കാം പക്ഷേ സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു പുരീതതി നാടീശുശേതി നിങ്ങൾ നിത്യമുക്തമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നവിടെ പുരീതൻ നാടിയിൽ പോയി സഹിക്കുന്നു ആരാ ശയിക്കുന്നു ഒരിടത്ത് പറയുന്നത് എന്താണ് അതിജീവനോ ഭരനോടവിടെ ഏകീകവിച്ചിരിക്കുകയാണ് രണ്ടാമതൊന്നുമില്ല പിന്നെ ആരായി പുരീതൻ നാടിയിൽ സഹിക്കുന്നത് സിദ്ധാന്തി എന്ന് പറയുകയാണ് ഇതി ശ്രുതേ പുരീതംബന്ധ നാടീസംബന്ധം പുരീത് നാഡീസംബന്ധം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നു തക്രാഭിപ്രശസ്വയം ജ്യോതിഷ്ടീന അർദ്ധഭാരാഭിനയന അഭിപ്രായവും വിഷയവും നേരെ പറഞ്ഞല്ലോ മനസ്സിന് ഒഴിവാക്കിക്കഴിഞ്ഞാൽ പകുതി ഭാരം കുറഞ്ഞു കുറയുന്നില്ല എന്നുള്ളത് വീണ്ടും പുതിയത് നാഡീസംബന്ധം വരുന്നു വീണ്ടും പുതിയ ഭാരം വരുന്നു ശ്രുതി എല്ലാം പരിശോധിക്കുന്നുണ്ട് സുഷുതിയിൽ അത് സ്വയം ജ്യോതിഷമാണ് എന്ന് പറയുമ്പോൾ സുഷുതിയെ സംബന്ധിച്ച് എവിടെ എവിടെയെല്ലാം ശ്രുതിയിൽ എന്തെല്ലാം പരാമർശിക്കുന്നു അതെല്ലാം ചിന്തിക്കണം ഈ പറയുന്ന പ്രസ്താവന അവയുമായിട്ടെല്ലാം യോജിക്കണം അല്ലാതെ മനക്കൽപ്പന കൊണ്ട് ഒരു സിദ്ധാന്തത്തെ അങ്ങ് സമർത്ഥിച്ചപ്പോലെ ശ്രുതി പ്രമാണം അതിനെ അനുകൂലിക്കണം ൊഴിവാക്കിയ ഒന്ന് വരും പുരീത നാടീ സംബന്ധ തത്രാപി പുരുഷ സ്വയം ജ്യോതിഷ അർദ്ധപാരാപനയ അഭിപ്രായവും പക്ഷേ അതുകൊണ്ട് മനസ്സിനെ ഒഴിവാക്കിക്കഴിഞ്ഞ ഭാരം പകുതി കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല പുതിയ പുതിയ ഭാരങ്ങൾ അവിടെയുണ്ട് ഇതെല്ലാം ഇങ്ങനെ പറയുകയാണെങ്കിൽ കഥം ദർഹ്യാത്രായം പുരുഷസ്വയം ജ്യോതി യാത്രയായും പുരുഷ സ്വയം ചോദിസം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു മനസ്സിനെ പറയുന്നു നാടികളെപ്പറയുന്നു പ്രാണനെപ്പറയുന്നു ഹൃദയത്തെ പറയുന്നു പല സന്ദർഭങ്ങളിൽ പലതും പറഞ്ഞിട്ട് പുരുഷൻ സ്വയം ചോദിസാണ് അന്യശാഖാനപേക്ഷാശ്വത ചെയ്തു പറയുന്നു അത് ഒരു ശാഖയിൽ അങ്ങനെ പറഞ്ഞു ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവര് ഇങ്ങനെ ഈ പല ശാഖകളിൽ സംക്രമണം നടത്തരുത് ശാഖെന്നു വെച്ചാൽ വേദശാഖ വേറെ അടുത്ത് അങ്ങനെ പറഞ്ഞു വേറെടുത്ത് മനസ്സിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ഇപ്പം മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് വേറെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പം നമ്മൾക്ക് മനസ്സിനെടുക്കാം മറ്റേ അതിനെ ഗുഡ ആ പറഞ്ഞു അങ്ങനെ എടുത്താലോ അനപേക്ഷത്വ ശ്രിഷ്ടത്വ അതേ ഗോത്മാവോ വേദാന്ത നമർത്ഥവും വിജിജ്ഞാസ പേതോസി അപ്പൊ ഓരോ ശാഖയ്ക്കനുസരിച്ച് ഓരോ വേദഭാഗങ്ങൾക്കനുസരിച്ച് ആത്മതത്വം മാർത്തുന്നുല്ല അവിടെ പറഞ്ഞിരിക്കുന്ന ഒരാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരാത്മാവെന്ന് പറയാൻ പറ്റില്ല സാധാരണ പറയുന്ന പോലെ ആ മതക്കാരുടെ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവം മറ്റേ മതക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവം ഈ മതക്കാരുടെ ഞങ്ങളുടെ മതത്തില് ഗ്രന്ഥത്തിൽ പറയുന്ന വേറെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു ബാലിശമായ ചിന്തയല്ല ഭൂപുഷ ചിന്ത എന്തുകൊണ്ട് അർത്ഥേക ശേഷത്വമാണ് ഇവിടെ ഏത് വിനിഷത് ഭാഗത്തിൽ പോയാലും ശരി വേദത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ശരി എല്ലായിടത്തും ഒരേ ഒരർത്ഥം ഒരേ ഒരു തത്വം അതാണ് വെളിപ്പെടുത്തുന്നത് അതാണ് ഇഷ്ടമായിരിക്കുന്നത് താല്പര്യമായിരിക്കുന്ന ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്നു വേറൊരു മനസ്സും വേറെടുത്ത് സ്വയം ജ്യോതിസും അങ്ങനെയല്ല ഏകോഹി ആത്മാർവ്വേദാന്താന അർത്ഥവും അതുകൊണ്ട് ഏകോഹ്യ ആത്മാർവ്വേദാന്ത ഒരേ ഒരു ആത്മാവ് അതുതന്നെയാണ് സർവ്വ ഉപനിഷത്തുകളുടെയും താത്പര്യം വിജിജ്ഞാപയിഷിത്തോ അതാണ് വിശേഷിച്ച് അറിയുന്നതിനുള്ള ജിജ്ഞാസ അതിനെ സംബന്ധിച്ചാണ് പറയുന്നതിനെ ബോധിപ്പിക്കുന്നതിനുള്ള അറിവ് അതും അതുതന്നെയാണ് ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ് വിജിജ്ഞാപയിഷിത്ത ശ്രുതിയുടെ ബോധിപ്പിക്കുന്ന ആഗ്രഹം ശ്രോതാവിനെ ബോധിപ്പിക്കാൻ ശ്രോതാവിനെ ബോധിപ്പിക്കാൻ അതിന്റെ താല്പര്യം ഇതാണ് സർവ്വശ്രുതികളും ഒരേ ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആരാണോ ആ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസ് അവനും അറിയാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഏകമായ പരമാർത്ഥമായ തത്വത്തെയാണ് അപ്പൊ വേദത്തിനൊന്നേ ബോധിപ്പിക്കാളു തസ്മാ സ്വപ്ന ആത്മന സ്വയം ജ്യോതിഷ്ട്രഭക്തം ശ്രുതി യഥാർത്ഥ തത്വപ്രകാശകത്വം അത് അതുകൊണ്ട് സ്വപ്നത്തിൽ ആത്മാവ് സ്വയം ജ്യോതിഷാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാർത്ഥം തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നതെന്താണ് തത്വത്തെ ബോധിപ്പിക്കാനാണ് ശ്രുതി താൽപ്പര്യം അങ്ങനെയാണെങ്കിൽ ഏവം തർഹീശ്വനു ശ്രുത്യർത്ഥം ഹിത്വ സർവം അഭിമാനം അതാണ് ഏവം തർഹീശ്വനു ശ്രുത്യർത്ഥം ഹിത്വ സർവം അഭിമാനം അതുകൊണ്ട് ശ്രുതിയുടെ താൽപ്പര്യം എന്താണെന്ന് ശ്രോതാമനോട് പറയണനി ഗ്രഹിക്കുക ഹിത്വസർവും അഭിമാനം നിന്റെ എല്ലാ അഭിമാനങ്ങളെയും ത്യജിച്ചിട്ട് ഇവിടെ ഇപ്പോൾ അദ്വൈതി തന്നെയാണോ അദ്വൈതി തന്നെയാണ് അതായത് ഈ തത്വത്തെ അദ്വൈത തത്വത്തെ അറിയുന്നവർ തമ്മിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോ ഞാൻ ശ്രുതിയുടെ താല്പര്യത്തെ ധരിച്ചിരിക്കുന്നു എന്ന് ഒരു കൂട്ടർക്ക് അഭിമാനം എന്നാൽ അവര് ധരിച്ചിട്ടില്ല അവരോട് പറയാണ് ശുണുശ്രുത്യർത്ഥം ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുക ഹിത്വാസർവം അഭിമാനം മറ്റഭിമാനങ്ങളൊക്കെ ഞാൻ ധരിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനത്തെ തിരിക്കുക ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണ് എന്നുള്ള അഭിമാനത്തെത്തിരിക്കുക വർഷശതേനാ വിശുദ്ധി പണ്ഡിതന് മന്യന്മാരും പണ്ഡിതനാണെന്ന് സ്വയം മാനിക്കുന്നുവൻ തന്നെ അറിവുള്ളവനാണെന്ന് കരുതുന്നു അവനെന്താണ് ആ അഭിമാനത്തോടുകൂടി വർഷശതേന എന്ന് വെച്ചാൽ ഒരായുസം മുഴുവൻ ശ്രമിച്ചാലും ശ്രവണ മനനങ്ങൾ ചെയ്താലും ശുത്യർത്ഥവും ഞാതും സഖ്യതരിക്കലും എന്താണ് ശ്രുതിയുടെ താൽപര്യം എന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയത്തില്ല യാതോ മുഖ്യ ശ്രുതി അർത്ഥം ഉച്ചയത എന്നാ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒ അടുത്ത് അങ്ങനെ പറഞ്ഞു ഒരാളടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇന്ന് മറ്റെടുത്ത് എങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ എങ്ങനെ പറയുന്നു നേരിട്ട് ഈശ്വരയുടെ താല്പര്യം എന്നെങ്ങ് പറയുന്നു കിം തുറീത്യാ പക്ഷാന്തര ആശങ്കാത നിരാകരണാഭ്യാം ഇത്യാസങ്ക പാണ്ഡിത്യഭിമാനവതോ യഥാവത് അർത്ഥബോധെ അനധികാരാ തസ് തത് അഭിമാന അവതാര ചികീർഷയ തതീയ നാനാപക്ഷ നിരാകൃത ഇതിവക്തും സർവം അഭിമാനം നിരസീത്യാക്തം ഇതാണ് സാധാരണ വരുന്ന ഒരു കുഴപ്പം നിങ്ങൾക്ക് ഈ തത്വമാണ് പറയാനുള്ളതെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ പോരല്ല അപ്പൊ പറഞ്ഞിട്ട് യാതൊരു വിശേഷം പരമാർത്ഥം ലളിതമാണ് അനായാസമാണ് അത് സാക്ഷാത് നേരിട്ട് ഗ്രഹിക്കേണ്ടതാണ് നേരിട്ട് ഗ്രഹിക്കാം എന്നുള്ളതുമാണ് അനന്തിന ഈ ദീർഘമായ ചലച്ചകൾ ഒരുപാട് കുറവക്ഷങ്ങൾ അത് സമാനം പറയണം കാരണം ഇത് പറയുന്നത് വളരെ ശുദ്ധമായ മറ്റ് വികൽപ്പങ്ങളൊന്നുമില്ലാത്ത വികൽപ്പ ശൂന്യമായ ശ്രോതാവിൻ്റെ മനസ്സിനോടല്ല മറിച്ച് ഇതെല്ലാം അവിടുന്ന് വിടുന്നു ഒക്കെ കുറെ കേട്ട് മനസ്സിലാക്കി ഞാനും അറിവുള്ളവനാണോ എന്ന് കരുതുന്ന ഒരുവനോടാണ് അപ്പോൾ അവനിൽ ഇപ്പോൾ ഏതെല്ലാം വിപരീത ബുദ്ധിയാണോ ഇരിക്കുന്നത് അതിനെയെല്ലാം ദൂരീകരിക്കുന്നതിന് വേണ്ടി പല ഭാഗങ്ങളെയും പറയും പല പക്ഷങ്ങളും പറയുന്നു പല പക്ഷങ്ങളും പറഞ്ഞിട്ട് അതിലെന്താണ് ശരി എന്താണ് ശരി അല്ലാത്ത രണ്ട് ബോധ്യം ഇവിടെയാണെങ്കിലോ ഒരിക്കപ്പറയുന്ന അവിടെ മനസ്സുണ്ടെന്ന് പറയുന്നു അപ്പം എന്താണ് മനസ്സ് മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം മനസ്സില്ലെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അത് നമ്മൾ മനസ്സിലാവുന്നു അദ്വൈതത്തില് ഏതൊന്നിനെ സംബന്ധിച്ചാലും ശരി അദ്ദേഹത്തിലെ നാനാ തരത്തിലുള്ള വിചാര രീതികൾ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാലും ശരി ഈ പറയുന്ന പോലെ അവിടെ മനസ്സുണ്ടെന്ന് പറയുവോ അല്ലെങ്കിൽ മനസ്സില്ലെന്ന് പറയുമോ പ്രാണന്മാർ ഉണർന്നിരിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ പ്രാണൻ ഇല്ലെന്ന് പറയുക ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുക അത് ഹൃദയ ഉപാധി ശൂന്യനാണെന്ന് പറയുക രണ്ടു പറഞ്ഞാലും പരസ്പര വിപരീതമായി പറയുന്ന ഈ രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരുവൻ അദ്വൈത ബോധമുള്ളത് ഏതെങ്കിലും അംഗീകാരം പിടിക്കരുത് ആ പുരീത അവിടെ പ്രവേശിച്ചിരിക്കുകയാണ് അതിന് മാത്രം ഉറച്ചു നീക്കരുത് പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് പറയുന്നത് പണ്ഡിതമ്പന്യന്മാരും പാണ്ഡിത്യം എൻ്റെ ഒരിടത്ത് എങ്ങനെ ആരോ പറഞ്ഞോ കേട്ടോ വായിച്ചോ മനസ്സിലാക്കി അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അദ്വൈതത്തെ സംബന്ധിച്ച് എപ്പോഴും അദ്വൈത ബോധത്തിന് അവശ്യമുള്ള ഒരു കാര്യമാണ് രണ്ടു രീതിയാണ് ഒന്ന് നമ്മൾ ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ നമ്മൾ മുമ്പ് ധരിച്ചിരിക്കുന്ന ആ ധാരണകളോട് യോജിക്കുന്നു എന്ന് കരുതാ മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ അതിൻ്റെ തുടക്കമാണ് നമുക്ക് എന്ത് ധാരണകളാണോ നമ്മൾ ശരിയെന്ന് കരുതിയിരുന്നത് അതിനോട് യോഗിക്കുന്നതിനും മാത്രം നമ്മൾ സ്വീകരിക്കുക അല്ലാതെ വേണ്ട നമ്മൾ ഓഹ് അത് വേണ്ട അത് ആവശ്യമില്ലാത്തതാണ് ഇതിന്റെ അവസാനത്തെ പടി അങ്ങനെയല്ല അദ്വൈതത്തിന്റെ വിചാരത്തിൽ ഏത് ശരി ഏത് അതിനെ ശരിയായ ധാരണയെ കൊണ്ടെത്തിക്കുക പ്രഥമദൃഷ്ടിയ അത് പൊരുത്തക്കെടുത്തു ആത്യന്തികമായി അതിന്റെ താൽപര്യം ശരിയായ പരമാർത്ഥ ജ്ഞാനത്തിന്റെ കാരണം പരമാർത്ഥ ജ്ഞാനത്തിനോട് ഒന്നിനും എതിർ നിൽക്കാൻ കഴിയില്ല പരമാർത്ഥ ജ്ഞാനത്തിന് ഒന്നിനും കഴിയത്തില്ല അതിലെ വിധി പറഞ്ഞ സർവം കർമാഖിലം പാർത്ഥ ഞാനീ പരിസമാപിക്കും കർമ്മങ്ങൾ പോലും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു അപ്പോൾ ജ്ഞാനത്തിന്റെ വിചാരങ്ങളുടെ കാര്യം പറയാനുണ്ടോ അപ്പോ പണ്ഡിത്യ അഭിമാനം എന്ന് പറയുന്നതാണ് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തന്നെ കടിച്ചു തൂങ്ങിക്കുക ഇതാണ് മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക അത് അദ്വൈതത്തിന്റെ നിലപാടല്ല അദ്വൈതം എല്ലാത്തിനെയും തന്നെ ഉൾക്കൊള്ളുന്നു എല്ലാത്തിനും അവിടെ നിൽക്കാനൊരിടമുണ്ട് അപ്പോൾ എല്ലാ വിചാരങ്ങളും എല്ലാ പ്രക്രിയകളും എല്ലാ വിചാര രീതികളും ആ പരമാർത്ഥത്തിൽ തന്നെ എത്തിക്കുന്നു കാരണം സത്യത്തെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിൽക്കുന്നത് സമന്വയിപ്പിക്കാൻ വേണ്ടി സമന്വയിപ്പിക്കുകയല്ല സത്യത്തിൽ ഇതെല്ലാം സമന്വയിച്ചേ മതിയാകും സത്യത്തിൽ പ്രകാശിക്കുന്ന സർവവും സത്യത്തെ തന്നെ സമാപിച്ചേ മതിയാകും അതുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഉള്ള കാര്യം നേരിട്ട് പറഞ്ഞോളൂ അഹം ബ്രഹ്മാസ്മി തത്വമാസ്മി പിന്നെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ അവിടെ മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അതുണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കും പിന്നെ അതിനെ നിഷേധിച്ച് പിന്നെ പറയുക പറയുന്നു പണ്ഡിത്തെ അഭിമാനം പണ്ടിത്യഭിമാനമുള്ളവന് കാര്യം നേരിട്ട് പറഞ്ഞാൽ ബോധിക്കത്തില്ല അതാണ് പലതും ധരിച്ചു വച്ചിരിക്കുന്നു ഇതിലൊരു വ്യത്യാസം കൂടെയുണ്ട് മനസ്സിലാക്കും ഇതൊക്കെ പറയുന്ന കാലത്ത് പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുന്നത് ശരിക്കും പാണ്ഡിത്യം ഉള്ളവരുടെ പണ്ഡിതൻ പണ്ഡിതനോട് സംസാരിക്കുന്നു പണ്ഡിതനെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്തരം ശാസ്ത്രങ്ങളെല്ലാം ശരിക്ക് ഗ്രഹിക്കുന്നതിന് ശേഷിയുള്ളവര് ശാസ്ത്രവിൽപത്തിയുള്ളവർ അവരാണ് പരസ്പരം സംസാരിക്കുന്നത് അതിൽ എന്താണ് ശരിയായ തത്വം ഗ്രഹിക്കാതെ താൻ ഗ്രഹിച്ചത് ശരിയാണെന്ന് മുറുകെ പിടിക്കുന്നവനാണ് പണ്ഡിത്യഹിമാനി അല്ലെങ്കിൽ പണ്ഡിതമ്മന്യൻ അവനോടാണ് പറയുന്നത് തത്വം എന്തെന്ന് ഗ്രഹിക്കാതെ നീ എന്താണോ തിരിച്ചത് തത്വമെന്നോ ഉള്ള നിന്റെ വാശി ശരിയല്ലാതെ വിടുക അവിടെ ഒരു വ്യത്യാസതാണ് അത് രണ്ടു കൂട്ടർ ഭിമാനശൂന്യമായി തത്വത്തെ ഗ്രഹിക്കുന്നു അതെന്താ അങ്ങനെ വരുന്നത് കാരണം തത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടാൽ പിന്നെ അവിടെ അഭിമാനത്തിന് സ്ഥാനമില്ല പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അവിടെ അഭിമാനം കാണത്തില്ലേ എന്ന് ചോദിക്കും എന്തുകൊണ്ട് പാണ്ഡിത്യം നിർവിദ്യുമുമ്പ് ചർച്ച ചെയ്തതാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത് ആദ്യം നിഷേധിക്കുന്ന ഈ അഭിമാനത്തെയാണ് പിന്നെ പണ്ഡിതനിലൊരിക്കലും അഭിമാനം ഉണ്ടാകത്തില്ല പിന്നെ അഭിമാനമുള്ളത് ഇവിടെ അവനെ പറയുന്നു പണ്ഡിതം മാനി പണ്ഡിതനെന്ന് സ്വയം കരുതുന്നു ശാസ്ത്രവിത്പത്തി ഉണ്ട് പക്ഷെ പരമാർത്ഥ തത്വജ്ഞാനത്തെ സംബന്ധിച്ചുള്ള പാണ്ഡിത്യം ഇല്ല പാണ്ഡിത്യം നിർവിദ്യ അതവിടെയില്ല ശാസ്ത്ര വിൽപ്പത്തി ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇന്നങ്ങനെയല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം ഇന്ന് നമ്മൾ ഈ തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കേണ്ടി വരുന്നത് ഒരിക്കലും പണ്ഡിതനെ അല്ല എന്ന് വെച്ചാൽ ശാസ്ത്ര വിത്പത്തിയുള്ള ഒരുവനെയല്ല അതാണ് പക്ഷെ അവൻ പണ്ഡിതം മാനിയാണ് പാണ്ഡിത്യം ഇല്ലാതെ തന്നെ പാണ്ഡിത്യം ഉണ്ടെന്ന് അഭിമാനിക്കുന്നവനാണ് ഇതാണ് കൂടുതൽ അപകടം മറ്റവൻ അങ്ങനെയല്ല അവൻ അവന്റെ പാണ്ഡിത്യത്തിൽ അഭിമാനിക്കുന്ന അവന് ശാസ്ത്രവിത്പത്തി ഉണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ആഗ്രഹിക്കാനും ഒക്കെയുള്ള ശേഷിയുണ്ട് പക്ഷെ താല്പര്യം ഗ്രഹിക്കുന്നില്ല ഇന്നങ്ങനെയല്ല ഇന്നും പാണ്ഡിത്യ അഭിമാനികളുണ്ട് പക്ഷെ അവർക്ക് ആർക്കും തന്നെ എന്താണോ ശാസ്ത്രവിത്പത്തി എന്ന് പറയുന്ന പാണ്ഡിത്യമേ ഇല്ല ശൂന്യമാണ് മനസ് ശാസ്ത്രീയ സംസ്കാരം എന്റെ മനസ്സിലില്ല അവൻ ശാസ്ത്രാധ്യയനം ചെയ്തിട്ടില്ല വഴിയാൻ വണ്ണം യാതൊന്നുമില്ല എന്നാലും അവനും അഭിമാനിക്കുന്നു എനിക്കറിവുണ്ട് അറിവുണ്ടെന്ന് അഭിമാനിച്ചു കഴിഞ്ഞാൽ അത് അതാണ് പാണ്ഡിത്യം അല്ല അതിനപ്പുറം വേറൊരു പാണ്ഡിത്യല്ല എനിക്കതറിയാം ഞാനതറിയുന്നു അതുകൊണ്ട് അറിഞ്ഞ എന്റെ അറിവിനുസരിച്ചാണ് എന്റെ പ്രവൃത്തി റിവിൽ യാതൊരു പെസകില്ല എന്റെ പ്രവൃത്തിയിലും പെസകില്ല എന്ന് പാണ്ഡിത്യം ഇല്ലാതെ പാണ്ഡിത്യത്തിൽ അഭിമാനിക്കുന്നു പണ്ടുള്ളവരങ്ങനെയല്ല പാണ്ഡിത്യം നേടിയിട്ട് പാണ്ഡിത്യത്തിൽ അഭിമാനിച്ചു ഇന്നുള്ളവരങ്ങനെയല്ല പാണ്ഡിത്യം നേടാതെ പാണ്ഡിത്യത്തിൽ അഭിമാനിക്കുന്നു ഈ പാണ്ഡിത്യഭിമാനമാർക്കുള്ളത് എല്ലാ മൂർഖന്മാർക്കുമുണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു വിവരം ഇല്ലാത്തവനും പാണ്ഡിത്യ അഭിമാനമുണ്ട് അതാണിത് ്രഹിക്കാൻ ഞാൻ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഞാൻ ശരിയായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവനും ഉണ്ട് അതാണ് ശരിക്കുള്ള പാണ്ഡിത്യ അഭിമാനം ഇന്നത്തെ അല്ലാതെ പാണ്ഡിത്യഭിമാനം എന്ന് പറയുന്നതിന് ഇന്നും യാതൊരു പ്രസക്തിയില്ല ഇന്ന് അങ്ങനെയുള്ള പാണ്ഡിത്യ ശാസ്ത്ര വിത്പത്തി എന്ന് പറയുന്നത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനുവേണ്ടി ആരും തന്നെ യത്നിക്കാറില്ല അതിനുവേണ്ടി ആരും തന്നെ പരിശ്രമിക്കാറില്ല അത് ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷെ ആ അറിവിൽ അഭിമാനമുണ്ട് ഇതാണ് ശാസ്ത്ര അധ്യയനം ആവശ്യമില്ല ശാസ്ത്ര വിത്പത്തി ആവശ്യമില്ല പക്ഷേ ശാസ്ത്രജന്യമായ അറിവ് തന്നിലുണ്ടെന്നുള്ള അഭിമാനമുണ്ട് ഇതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ചത് അപ്പം ആ പാണ്ഡിത്യം ഇല്ലാത്ത പണ്ഡിതമ്മാനികൾ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു ധരിക്കുന്നവനെങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും അത് ബോധ്യപ്പെടുത്താൻ പ്രയാസമുണ്ട് കാരണം അതേസമയം ശാസ്ത്ര വിത്പത്തി ഉള്ളവനോടാണ് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും അവൻ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖ ഇന്ന് ഭൗതികമായ ഏതെങ്കിലൊരു കെമിസ്ട്രിയോ ഫിസിക്സോ എന്തെങ്കിലും ഒരാളെ ശരിയായ രീതി മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉപരിപാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അയാൾക്ക് അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അറിഞ്ഞിരിക്കുന്നു അല്ല ഉപരിപാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അടിസ്ഥാന പാഠങ്ങൾ ഒന്നും തന്നെ അറിയാതെ അറിയാമെന്നുള്ള കേവലം അഭിമാനത്തിരിക്കുന്ന ഒരാളിനെ എങ്ങനെ ഉപരിപാഠങ്ങൾ പഠിപ്പിക്കുന്നു അത് സാധ്യമല്ല അതുപോലെയാണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ തത്വങ്ങൾ ഗ്രഹിക്കാതെ ജ്ഞാനം അറിവുള്ളവനാണെന്ന് ധരിച്ചിരിക്കുന്ന പണ്ഡിത മന്യൻ അവനെ സംബന്ധിച്ച് അവനോട് ഉപദേശിച്ചിട്ട് യാതൊരു പ്രയോജനവും അല്ല ഉപദേശോ ഹി മൂർഖാണ് പ്രകോപ എന്ന ശാന്തയെ അങ്ങനെയുള്ള മൂർഖന്മാരെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ കോപിക്കും ആത്മവിദ്യയിലൂടെ എത്തിച്ചേരേണ്ടതായ പരവുമായ ശാന്തിയിൽ അവരെത്തിച്ചേരത്തില്ല അത് ശാന്തയെ ശാന്തിക്ക് അത് ഉപകരിക്കത്തില്ല സമാധാനത്തിനുള്ള മറിച്ച് അവർ അവർക്ക് ചിത്തവിക്ഷേപം ഉണ്ടാകും അവരെ കൂടുതൽ ഉപദേശിച്ച ഉപദേശിക്കുന്നവന്റെ പല്ല സ്ഥാനത്ത് കാണാതെ വരും അതുവരെ സംഭവിക്കും എന്തുകൊണ്ട് അവനുമുണ്ട് പാണ്ഡിത്യ അവന്റെ അറിവില്ലായ്മേ അറിവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവൻ അഭിമാനിക്കുന്നു സംസാരിച്ചിട്ടൊരു കാര്യമില്ല എത്രയും പെട്ടെന്ന് നിർത്തിയിട്ട് തടി രക്ഷിക്കാൻ നോക്കണം ഇവിടെ പറയുന്നത് ഇങ്ങനെ നാനാ പക്ഷങ്ങൾ പറയുക ചർച്ച ചെയ്യുക ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ പക്ഷങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് ഇത് ശരിയായ പണ്ഡിതം മാനികളെ കുറിച്ച് പറയാണ് വിവരമില്ലാത്ത പണ്ഡിതന്മാനിയെക്കുറിച്ചല്ല ഇവിടെ ഓരോന്നും ചിന്തിച്ച് ഉറപ്പിച്ച് വച്ചിരിക്കാണ് ഇന്നതാണ് ശരി അപ്പം അതിനെ നിരാകരിക്കാതെ യഥാർത്ഥമായ ശരിയിൽ അവരെ എത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവിടെ നാനാ പക്ഷങ്ങൾ ശ്രുതി എന്നെടുത്ത് കാണിക്കുന്നത് വിഭിന്ന പക്ഷങ്ങൾ കാണിക്കുന്നത് അതിൻ്റെ ശരിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രയും പുരുഷ സ്വയം ചോദിച്ച് പറയുന്നു പുരുഷൻ സ്വയം ചോദിസാണ് പുരുഷൻ അവിടെ ഒന്നിന്റെയും സഹായം തൊട്ടടുത്ത് പറയുന്നു സദേവ ഏഷ സ്വപ്ന മഹിമാനം അനുഭൂതി മനസ്സവിടെ ഉണ്ടെന്ന് പറയുന്നു അതിന്റെ സാങ്കത്യവും അസാങ്കത്യവും മനസ്സിലാക്കി തരാൻ അങ്ങനെ പറയുന്നത് അപ്പൊ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവും എന്താ പ്രയോജനം മനസ്സിന് സഹായം കൂടാതെ തന്നെ പുരുഷൻ എങ്ങനെ സ്വയംച്യോതിസായിരിക്കുന്നു മനസ്സെന്ന് പറയുന്ന അവിടെ നിന്നാ തന്നെ എങ്ങനെ പുരുഷന് സ്വയം ചോദിച്ചായിരിക്കാൻ കഴിയും ഈ രണ്ടു വശങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നു മനസ്സ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നിലനിൽക്കുന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു അതിനു വേണ്ടിയിട്ട് എന്താണ് അഭിമാനമുള്ളവന് യഥാവത് അർത്ഥബോധി അനധികാര അഭിമാനം എന്ന് പറഞ്ഞതാണ് ഒരു ഭാഗം താൻ മനസ്സിലാക്കിയിട്ട് അത് ശരിയും ധരിക്കുന്നു പിന്നെ മറ്റൊന്നും അങ്ങോട്ട് കയറത്തില്ല താര ചികിത്സയ ആദ്യം അവൻ്റെ അറിവിലുള്ള അഭിമാനത്തെ ഇല്ലാതാക്കണം ഏതാണോ അവൻ വിപരീതമായി ധരിച്ചിരിക്കുന്നവനങ്ങോട്ട് തട്ടിക്കണം അത് ശരിയല്ല നീ ധരിച്ചത് എന്ന് നിഷേധിക്കുന്നു നിരാകൃത നിരാകൃതീ അപ്പോ ഓരോരുത്തരിലും ഇരിക്കുന്ന ഓരോരോ പക്ഷങ്ങൾ ഓരോ പക്ഷപാതങ്ങളിൽ പെട്ടിരിക്കുകയാണ് എന്റെ അറിവ് ശരിയാണ് എന്ന് ധരിച്ച് വശായിരിക്കുകയാണ് അതിന് മുറുകെ പിടിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ശ്രുത്യർത്ഥം ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുക ശ്രുതിയുടെ താല്പര്യമല്ലാത്ത ഏതേതെല്ലാം താല്പര്യങ്ങളിലാണോ നിനക്ക് അഭിമാനമുള്ളത് അത് ശരിയാണ് ശരിയാണ് ശരിയാണ് അത് മുഴുവൻ ഉപേക്ഷിക്കുക അപ്പൊ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചാലോ ആ താല്പര്യത്തിന് അഹങ്കാരത്തിന് അഭിമാനത്തിന് റ്റത്തില്ല പണ്ഡിതനിലൊരിക്കലും എന്താണ് അഭിമാനത്തിന് നീക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പാണ്ഡിത്യം എന്ന് പറയുന്നത് അഭിമാനത്തെ നിരാകരിച്ചിട്ട് പ്രകടമാകും വെളിച്ചത്തിൽ ഒരിക്കലും ഇരുളിനെ നീക്കാൻ പറ്റില്ല കാരണം വെളിച്ചം പ്രകടമാകുമ്പോൾ അവിടെ ഇരുള അസ്തമിച്ചിരിക്കും രണ്ടും കൂടെ അങ്ങനെ നീക്കും നിൽക്കത്തില്ല അത് ശരിയായ വെളിച്ചമാണെങ്കിൽ എന്നുകൂടെ പറയേണ്ടി വരും ശരിയായ വിളിച്ചാണെങ്കിൽ അവിടെ ഇളം കാണും സന്ധിക്കതാണല്ലോ കാണുന്നു നട്ടുച്ചയ്ക്ക് പക്ഷെ അത് കാണാൻ കഴിയത്തില്ല എന്തുകൊണ്ട് അവിടെ പ്രകൃഷ്ടപ്രകാശമാണ് അതുകൊണ്ട് ശരിയായ തത്വബോധം അതാണ് ശരിയായ പാണ്ഡിത്യം ആ തത്വബോധം തന്നെ അഹന്തയെ നിരാകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നതു കൊണ്ട് അവിടെ അഹന്തയെ നിരാകരിക്കുന്നതിന് വേണ്ടി മറ്റൊരു ആയുധത്തിന്റെ ആവശ്യമുണ്ട് ജ്ഞാനം അത് മാത്രം മതി സമയജ്ഞാനം അത് മതി അക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നീ അഭിമാന മറ്റുള്ള അഭിമാനങ്ങളെ കത്ത് അതുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആയുസ് അവസാനം വരെ വർഷശത്തേനാഭി സ്വീർത്ഥവും ജ്ഞാതും സഖ്യതേ സർവേഹി പണ്ഡിതും അന്യേഹി അതുകൊണ്ട് പഴയകാലത്തെ പാണ്ഡിത്യം ഉള്ള പണ്ഡിതം വന്യന്മാരും ഇന്ന് പാണ്ഡിത്യം ഇല്ലാത്ത പണ്ഡിതം വന്യന്മാരും രണ്ടുപേരും എന്താണ് അവർക്ക് തടസ്സമായിരിക്കുന്നത് അഭിമാനമാണ് അപ്പൊ അഭിമാനത്തേക്ക് ഉപേക്ഷിച്ചിട്ട് ആ തത്വഗ്രഹണത്തിലൂടെ പൂർണമായ അഹന്തത്യാഗത്തെ നേടുക അതായത് അഹന്ത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പൂനെന്ന് പറയുന്ന ഒരു അസുഖം പിടിക്കും അവസാനം അതുകൊണ്ട് ഒരുപാട് കാര്യമൊന്നുമില്ല അതിനുള്ളിൽ വിവേകം ഉണ്ടാവണം ആ വിവേകം ഉണ്ടായിക്കഴിഞ്ഞാലേ അത് പോകത്തുള്ളൂ വിവേകമില്ലാതെ അത് പോകാൻ വേറെ വഴിയൊന്നുമില്ല അതിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ആ വിവേകത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അത് വിശദീകരിക്കുന്നു സ്വയം ജ്യോതിഷ്യോതിഷാണ് ഇത് മുഖ്യമായ സിദ്ധാന്തമാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷൃത്തിയിലും താൻ സ്വയം ജ്യോതിസായി കേവല രൂപത്തിൽ പ്രകാശസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ സംബന്ധിച്ച് ബോധിക്കുക അത് മുഖ്യം അത് ബോധിപ്പിക്കാനാണ് ശ്രുതിയുടെ ശ്രമം മുഴുവൻ അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അനധിശങ്കോ അതിന് പിന്നെ എന്താണ് അനധിശങ്ക പാടില്ല ഈ അനധിശങ്ക എന്ന് പറയുന്നത് അതിശങ്ക പാടില്ലാന്ന് നടക്കെ ഈ അതിശങ്ക എന്ന് പറയുന്നത് എന്താണ് ഒരു കാര്യം നമുക്ക് ബോധിച്ചു കഴിഞ്ഞു അത് വ്യക്തമായി ബോധിച്ചു അപ്പൊ ചിലർക്ക് കാര്യങ്ങളെ വ്യക്തമായി ബോധിക്കുമ്പോഴാണ് സമാധാനം വരുന്നത് ചിലർക്കെങ്ങനെയല്ല കാര്യങ്ങൾ വ്യക്തമായി ബോധിക്കുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത് രണ്ടു തരത്തിലും വരാം ചിലരുടെ സ്വഭാവമാണ് അടിസ്ഥാനപരമായ തകരാറാണ് അതിനാണ് ഈ ചിത്തശുദ്ധി വേണമെന്ന് പറയുന്നത് കാര്യം ബോധിച്ചു കഴിഞ്ഞാൽ സമാധാനമായി ബോധിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു എന്നുവെച്ചാ ഏത് കാര്യത്തിനും പിന്നെ വിപരീതമായി ചിന്തിച്ചാലേ സമാധാനം വരത്തുള്ളൂ അടങ്ങാത്ത മനസ് മനസ്സിന്റെ ഒരു സ്വഭാവമാണ് ഇന്നതാണ് തത്വം എന്ന് വ്യക്തമാക്കി ശരി മനസ്സിന് അപ്പൊ പിന്നാടെ ഈ ബ്രഹ്മത്തെ നശിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇത് നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ മനസ്സ് ചിന്തിക്കുന്നതാണ് ബ്രഹ്മത്തെ നശിപ്പിക്കണം ബ്രഹ്മജ്ഞാനത്തെ നശിപ്പിക്കണം ഇതാണ് അതിശങ്ക എന്ന് പറയുന്നു അപ്പോ പറയുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് ലോകത്തില് പല കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ആകാം ലോകത്തിലെന്തിനെ ആരെയൊക്കെ നശിപ്പിക്കാം പക്ഷെ ഇവിടെ അനതിശങ്കമാണിത് അതിശങ്കയ്ക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല തത്വഗ്രഹ തത്വത്തെ ഗ്രഹിച്ചോ മനസ്സവിടെ ശാന്തമാകുന്നു അല്ലെ മനസ്സ് വികല്പരഹിതമാകുന്നു തദ്ബല സ്വപ്നാദോ ഹൃദയാകാശാദി സത്യ അങ്ങനെ വരുമ്പോഴാണോ ഇവിടെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നു സുഷ്ടിയെ കുറിച്ച് പറയുന്നു സ്വപ്നത്തിൻ മനസ്സിനെ കുറിച്ച് പറയുന്നു സുഹൃത്തിയിൽ ഹൃദയാകാശത്തെക്കുറിച്ച് പറയുന്നു പ്രാണനെക്കുറിച്ച് പറയുന്നു ഇന്ദ്രിയങ്ങളുടെ ലയത്തെക്കുറിച്ച് പറയുന്നു നാനാകാര്യങ്ങൾ പറയുന്നു ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും പിന്നെ പറയുന്നു അവിദ്യ ആ മുഖ്യം അവിടെ അവിദ്യയെ കുറിച്ച് പറയുന്നു സുഹൃത്തിയിൽ സ്വയംപ്രകാശം എന്ന് പറഞ്ഞു ശരി വേറെ അടുത്ത് അവിദ്യ ബീജനിദ്രാവിധ ആയിരിക്കുന്നു വിനാഗാ അസ്വസ്ഥനായി ഇവിടെ സ്വയം പ്രകാശം എന്ന് പറഞ്ഞു അവിടെ അവിദ്യ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഹൃദയാകാശാദി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുക്കണം തത്സംബന്ധ പ്രതീത്യഭാവാ വിദ്യ അപ്പൊ അവിടെ ഗ്രഹിക്കേണ്ട ഇതാണ് ഇവിടെ സ്വയം ജ്യോതിസായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ഇതിന് വാസ്തവമായ സംബന്ധമുണ്ടോ അതാണോ അവിടെ ബോധിപ്പിക്കുന്നത് ഉണ്ടെന്ന് പറയുന്നു അവിദ്യ ഉണ്ടെന്നോ ബീജമുണ്ടെന്നോ മായ ഉണ്ടെന്നോ പ്രാണൻ ഉണ്ടെന്നോ എന്നെല്ലാം പറയുമ്പോൾ ആദ്യം എന്താ ബോധിപ്പിച്ച് അതെന്ന് പറഞ്ഞ് സ്വയം ജ്യോതിഷ ശ്രുതിർ അനധിശങ്ക അതിലാതിശങ്ക പാടില്ല പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെയെല്ലാം പരമാർത്ഥത്തോട് എങ്ങനെ സമന്വയിപ്പിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമ്മുടെ സ്വാർത്ഥതയൊക്കെ കടന്നു വരും അത്ഭന്മാരായ മനുഷ്യർക്ക് ശ്രുതിക്ക് എങ്ങനെ സ്വാർത്ഥതയൊന്നും ഇല്ല ഇവനിതൊക്കെ ഉപദേശിച്ചിട്ട് ഇവനെ കൊണ്ടെന്തെങ്കിലും കാര്യ നേടണമെന്നൊന്നുമില്ല അതൊക്കെ സാധാരണ ലൗകിക മനുഷ്യർക്ക് വേണം അപ്പൊ ശ്രുതി എന്ത് ചെയ്യുന്നു തത്വത്തെ വെളിപ്പെടുത്തി അതിന്റെ ആ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യരുത് ആ തത്വം എങ്ങനെയാണോ വെളിപ്പെട്ട് അതിന് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഹൃദയാകാശാദി വിഷയങ്ങളെക്കുറിച്ച് എന്താണ് തത്സംബന്ധ പ്രതിത്യഭാവ പരമാർത്ഥത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീക്ക് ഇതിനൊന്നും അതിനോട് യാതൊരു സംബന്ധത്തിനും അവകാശമുണ്ട് പിന്നെ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഓരോ സ്ഥലത്ത് അവിദ്യ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അതിനൊക്കെ എങ്ങനെ ഉൾക്കൊള്ളണം പറയുന്നു വിദ്യമാനശാപി അവിദ്യമാന തുല്യത്തു എന്നാ പറഞ്ഞല്ലോ പലർക്കും പല ധാരണകളുണ്ട് ഓരോരുത്തരുടെയും ധാരണയ്ക്കനുസരിച്ച് പറയുന്നു ചിലർക്കെങ്ങനെയാണ് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല പക്ഷെ ആ വിദ്യയെ വിടാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് തൽക്കാലം വേണമെങ്കിൽ ആത്മാവ് വേണ്ട ഈ ജന്മത്തിൽ ആത്മാവ് വേണ്ട പക്ഷെ അവസാനം വരെ എനിക്ക് അവിദ്യ വേണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് അപ്പോ ബാക്കി പറയുന്ന എന്താണ് വിദ്യമാനസ് ആവിദ്യമാന തുല്യത്വേന അതൊക്കെ അങ്ങനെ പ്രതീതമായാലും അതിൻ്റെ പ്രതീതികളെക്കുറിച്ച് ചർച്ച ചെയ്താലും അതെല്ലാം എന്താണ് അവിദ്യമാന സമമായി ഗ്രഹിക്കണം പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല എന്നാണ് ഗ്രഹിക്കേണ്ടത് പ്രക്രിയ സൗകര്യത്തിന് വേണ്ടി ഓരോന്നിനും ഓരോന്ന് പറയും അവിടെ പ്രാണനുണ്ട് അതുണ്ട് ഇതുണ്ട് അത് ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞല്ലോ എല്ലാം വിദ്യാവിഷയമാണ് എല്ലാം ബുദ്ധി കല്പിതമാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും വിശക്കും അതൊരു വാസ്തവമാണ് കുറച്ച് സമയം കഴിയുമ്പോൾ വിശക്കും വിശക്കുമ്പോൾ നിത്യമുക്ത പൂർണനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശാപ്പാട് കഴിച്ചാലേ പറ്റൂ അപ്പോ അങ്ങനെയുള്ള ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെപ്പോലെ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളുണ്ട് കണ്ടില്ലെന്ന് കണ്ണടച്ചിട്ട് അദ്വൈതത്തെ പറയാൻ പറ്റത്തില്ല അപ്പൊ അതിനെയൊക്കെ സംബന്ധിച്ച് എന്താ അദ്ദേഹ നിലപാട് അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല അത് പ്രതീതമാണ് പറയാത് ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ ഇല്ലാത്തത് ഉള്ളതുപോലെ രണ്ട് രീതിയിലും പറയാം അതായത് അത് സത്യമല്ലാന്ന് ബോധിക്കുന്നവന് അത് ഉള്ളതുപോലല്ല തോന്നുന്നത് ാണ് അത് സത്യമാണെന്ന് കരുതുന്നവനത് ഉള്ള തന്നെ മരും മരിച്ചുക അതിന്റെ സത്യം ബോധിച്ചവൻ എന്താ പറയുന്നത് അതൊരിക്കലും ഉള്ളതാകാൻ വഴിയില്ല എന്നവനെ പറയാൻ പറ്റൂ എന്നാൽ അപ്രതീതമാകുന്നുണ്ടല്ലോ എന്നാ ഉള്ളത് പോലെ എന്ന് പറയും ഇല്ലാത്തത് ഉള്ള പോലെ എന്നെ പറയാൻ കഴിയത്തുള്ളു എന്നാ ഇല്ലാത്തതൊന്നങ്ങോട്ട് തറപ്പിച്ച് പറയാൻ പറ്റില്ല അവിടെ പ്രതീതമാകുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല എന്ന് പറയാൻ പോയ കാരണം പ്രതീതി ഉണ്ടല്ലോ എന്ന് ചോദിച്ചത് അതുകൊണ്ട് ഇല്ലാത്തതെന്ന് തീർത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ലാത്തതുപോലെയെന്നും ഇല്ലാത്തത് തന്നെയാണ് പക്ഷെ അത് വീണ്ടും പ്രതീതമാകുന്നു അതുകൊണ്ടില്ലാത്തതുപോലെയെന്നും പറയേണ്ടി വരും എന്നാ ഇല്ലാത്തവണെന്നവന് തികച്ചും ബോധ്യമുണ്ട് അതുകൊണ്ട് പറയുന്നത് അത് ഉള്ളത് പോലെയാണ് രണ്ടു രീതിയിലും പറയും അപ്പോ ഒന്നിനെ സംബന്ധിച്ച് മാത്രം ചോദ്യത്തിന് അവകാശത്തില്ല ആ സ്വയംപ്രകാശമായ സ്വരൂപത്തെ സംബന്ധിച്ച് ബാക്കിയുള്ളതിനെ സംബന്ധിച്ചാണ് എന്നാണ് അതില്ലാത്തതിന് സമമാണ് ഉണ്ടാക്കുന്നത് അവനെ സംബന്ധിച്ച് ഇല്ലാത്ത പോലെയെന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെ ഇല്ലാത്തതിന് അതിനവൻ ഗണിക്കുന്നില്ല അതിലില്ലാത്തതിന് സമെന്ന് പറഞ്ഞിരിക്കുന്നു ഓ മരുഭൂമിയിലെ ജലം അവനെ സംബന്ധിച്ച് ആ കാണുന്നവനെ സംബന്ധിച്ച് നല്ലവണ്ണം വിശപ്പുണ്ട് ദാഹമുണ്ട് മരുഭൂമിയായ കൊണ്ട് വളരെയധികം ദാഹമുണ്ട് പക്ഷെ അവനെ സംബന്ധിച്ച് ആ ജലം എന്ന് പറയുന്നത് ഇല്ലാത്തതിന് സമമാണ് എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും കരുതുന്നില്ല ഈ ജലം കുടിച്ചിട്ടുണ്ട് ദാഹം മാറ്റാവെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഉള്ളതായി പ്രതീതമായിട്ടും എന്താണ് അതില്ലാത്തതിന് സമം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവൻ അതുകൊണ്ട് ദഹം മാറ്റാൻ ശ്രമിക്കൂ ഇല്ല അപ്പൊ ഇവിടെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ് അവിദ്യമാന തുല്യത്വേനാ അത് അവിദ്യമാന തുല്യമാണ് അതൊക്കെ ഉണ്ടവിടെ വരുന്നുണ്ട് പാണ്ഡിത്യ അഭിമാനമുള്ളവൻ അതിനൊക്കെ കയറി പിടിക്കട്ടെ തത്വജ്ഞനെങ്ങനെയാണ് ആത്മന കേവലത്വാ അവനെ സംബന്ധിച്ച കേവലമായ സ്വസ്വരൂപമാണ് അതാണ് പരമാർത്ഥം അതിനെ സംബന്ധിച്ചാണ് അവന് പരമാർത്ഥബോധം പ്രകാശദർശനത്വാച്ച സ്വയം ജ്യോതിഷം ഇതി ബോധനീയം പ്രകാശദർശനത്വാച്ച ആത്മനാഹ കേവലത്വ പ്രകാശദർശനത്വാച്ച സ്വയം ജ്യോതിഷം അതുകൊണ്ട് അവൻ മനസ്സിലാക്കുന്ന എന്താണ് അത് സ്വയം ജ്യോതിഷായി പ്രകാശിക്കുന്നതാണ് അത് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷപ്തിയിലും ഏകരൂപത്തിൽ പ്രകാശിക്കുന്നതാണ് എന്നാണ് അവൻ ബോധിക്കേണ്ടത് അപ്പൊ ശ്രുതിയുടെ താല്പര്യം എന്താണ് അത് ആ അതിന്റെ സ്വയം പ്രകാശത്തെ ബോധിപ്പിക്കുകയാണ് അപ്പൊ അവിടെ ബോധിക്കേണ്ടത് എന്താണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആ സ്വയം ജ്യോതിഷെന്ന് പറയുന്നതാണ് മുഖ്യാതിന് ആഗ്രഹിക്കണം അവിടെ തന്നെ എന്തുപറയുന്നു ഹൃദയാകാശാദി സത്വം മനസ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും അതും എന്താണ് ഇല്ലാത്തതിന് സമമായി കണ്ടുകൊണ്ട് അവൻ ആ തത്വത്തെ ഗ്രഹിക്കുന്നു ഇനി മറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സോ അഭാവവാദിനാ ഇനി മനസ്സേയില്ല എന്ന് കരുതാം ഒരാൾ പറയണങ്ങനെ മനസ്സില്ല അവിദ്യയില്ല പ്രാണനില്ല എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമ്പോൾ ശ്രുതിയില്ലാതെ പറയുന്നു ദേവ മനസ്സാ ആ ദേവൻ ഇതിനെയൊക്കെ അനുഭവിക്കുന്നു മനസ്സിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ വരുന്നിടത്ത് മനസ് വാദന ബിം മനസ്സി സത്യ ബി അപ്പോ പറയുന്നു ദേവൻ മോഹിമയെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദേവന്റെ സ്ഥിതി എന്താണ് മനസ്സനുഭവിക്കുന്നു മനസ്സിന്റെ സാന്നിധ്യം പറഞ്ഞിരിക്കുകയല്ലേ അവിടെ തസ്യവാസുനാമയ ഗജതുരകാദിവിഷേദയാ പരിണാമാതോ ഭേദേനോ വിവേകത ശ്രുത്യാ സ്വപ്രകാശത്വം ബോധ്യത അവിടെ മനസ്സിനി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി അങ്ങനെയാണ് കരുതിയാലും ശരി തന്റെ സ്വപ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് ആ തടസ്സമല്ലേ അവിടെ ആനയും കുതിരയുമായി എല്ലാം പരിണമിച്ചിരിക്കുന്ന മനസ്സാണ് മനസ്സ് എന്ന് പറയുന്ന അവിടെ ആ ദുഷ്ടാവായിരിക്കുന്ന സ്വയം ജ്യോതിസായിരിക്കുന്ന ചൈതന്യത്തിന് ദൃശ്യമാണ് ദൃശ്യമായതുകൊണ്ട് തന്നെ അത് പരമാർത്ഥമല്ല എന്നിങ്ങനെ മനസ്സിനെക്കുറിച്ചുള്ള ബോധം വരുമ്പോഴും അതിനെ ദൃശ്യമാക്കി അത് പരമാർത്ഥമല്ലാന്ന് ബോധിക്കുന്നു അവിടെയും ബോധിക്കുന്നതിന് തൻ്റെ സ്വയം പ്രകാശമായ സ്ഥിതിയാണ് അപ്പൊ അവിടെ മനസ്സുണ്ടെന്ന് പറഞ്ഞാലും ശരി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരി രണ്ടിനെയും ഒരേ രീതി കണ്ടുകൊണ്ട് അവിടെ ബോധിക്കുന്ന എന്തിനാണ് തന്റെ സ്വയം പ്രകാശമായ സ്വരൂപത്തെയാണ് അല്ലാതെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് വഴക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല മനസ്സെന്ന് പറഞ്ഞാൽ ശരി അവിദ്യ എന്ന് പറഞ്ഞാലും ശരി അവിടെ ഉണ്ടെന്നാണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് മനസ്സിലാകുന്നു അതിനെ മനസ്സിലാക്കുന്നു അത് ഇന്ന കാരണം കൊണ്ടാണ് അതുണ്ടെന്ന് പറഞ്ഞത് ഇല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നു അത് ഇന്ന കാരണം കൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വാദവിവാദങ്ങളിലല്ല അയാളുടെ ശ്രദ്ധ പിന്നെയോ ഏതെന്തിനാണോ ഇതെല്ലാം ഉണ്ടെന്നു ഇല്ലെന്നും പറയുന്നത് ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനാണ് ആ സ്വയം പ്രകാശത്തെ ഗ്രഹിക്കുന്നതിലാണ് അതിൻ്റെ പരമാർത്ഥം തന്നെയാണ് സ്വയംപ്രകാശം എന്ന് പറയുന്നത് തത്വത്തെയാണ് സ്വയംപ്രകാശം എന്ന് പറയുന്നത് സ്വയംപ്രകാശമായാലേ തത്വമാകും പരമാർത്ഥമാകും അപ്പം അതിനെ ബോധിക്കുന്നതിലാണ് ശ്രദ്ധ അല്ലാതെ ഈ പ്രക്രിയകളിൽ ഒന്ന് ശരി മറ്റൊന്ന് തെറ്റെന്ന് പറഞ്ഞ് പരസ്പരം അദ്വൈതികൾ തന്നെ പരസ്പരം വഴക്കൂടുന്നതിനുണ്ട് ഒരു കൂട്ടർ പറയുന്നു അവിടെ സുഹൃത്ത് അവിടെ അവിദ്യ ഉണ്ട് വേറെ കൂട്ടർ പറയുന്നു അവിടെ ഇല്ല ഇതിന് പരസ്പരം വഴക്കടിക്കാനുണ്ട് ഒരു വിചാര രീതി ആ രീതിയിലും മനസ്സിലാക്കാം എന്തിനാ സത്താസത്തകളെയല്ല മറിച്ച് തൻ്റെ പരമാർത്ഥതയാണ് അപ്പൊ തന്റെ പരമാർത്ഥതയെ ഗ്രഹിക്കുന്നതിന് നാൻ ആ പ്രക്രിയകൾ ഇത് മുമ്പും വന്നിട്ടുണ്ട് എന്നാലിവിടെ അത് മറ്റു രീതിയിൽ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അത്തരം വഴക്കുകളിൽ പെടാൻ പാടില്ല എന്നാണിവിടെ പറയുന്നതിന്റെ താല്പര്യം അതുകൊണ്ട് തന്നെ ഈ ആചാര്യന്മാർ തന്നെ ഇവിടെ ഇപ്പോ സുഹൃത്തിയിൽ അവസാനിപ്പിച്ചു അപ്പുറം ചർച്ചയില്ല സുഹൃത്തിയെ തന്നെ ഇവിടെ പരമാർത്ഥമായി കാണിച്ചു ശ്രുതിയും ഭാഷകാരനും അങ്ങനെ തന്നെ കാണിക്കുന്നു ഇനി വേറെ അടുത്ത് വരുമ്പോൾ സുഹൃത്തിന്ന് ഒരു പടിയും അതിനെ പരമാർത്ഥമായി കാണിക്കുന്നു എന്താ വ്യത്യാസം അവിടെ വരുന്നത് സുഹൃത്തിന് ദോഷമുണ്ടെന്നുകൊണ്ട് സുഴ്ത്തി ബീജനിദ്രായുധനായിരിക്കുന്നു അതുകൊണ്ട് പറയുന്നു ചതുർത്ഥം വന്യന് ആത്മാ സവിജ്ഞയ ആ ചതുർത്ഥനയിരിക്കുന്ന അതാണ് വിജ്ഞയൻ എന്ന് പറയുമ്പോൾ അവിടെ ചിലർക്ക് ഇതിനെ രണ്ടും വേറെ വേറെയാക്കാൻ ഒരു താല്പര്യം വരും പക്ഷെ അങ്ങനെ ഒരു പ്രക്രിയ സ്വീകരിക്കാതെ ഇവിടെ സുഹൃത്തിയിൽ അവസാനിപ്പിച്ചു അവസാനവും പറയും ഈ പ്രശ്നത്തിന്റെ അവസാനം പറയും സമ്പ്രതിഷ്ഠ എല്ലാത്തിന്റെയും സംപ്രതിഷ്ഠ അതാണ് സംപ്രതിഷ്ഠാനവിടെയാണ് സംഭവിക്കുന്നത് ഇനി അത് കടന്നു മറ്റൊരാള് അവിടെ ആവശ്യമുണ്ടോ എന്ന് സുഹൃത്തിയെ ഇവിടെ പരമാർത്ഥമായി കാണിക്കുന്നു ആ ഈ രണ്ട് ആ ഭേദത്തെയും നമ്മളിവിടെ മനസ്സിലാക്കും എന്നിലാ دویদ জ্ঞানം അപൂർണ്ണമായിടും यथा हृदय आकाशे प्रीति दे नडीषु च आसुपधा तसंमन्दा भावा ततो विविज्य दर्शयि दे सक्य इत्यात्मन दे इत्यात्मनः स्वयं ज्योतिष्टुं न बाध्य दे इधर പറഞ്ഞে ভাষ্য গারে চিড়ികി পরয় यथा हृदय आकाशे प्रीति दे नडीषु च सुपदह तसंमन्दा संबंधा भावा ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഹൃദയാകാശത്തെക്കുറിച്ച് പറയുന്നു പുരീത നാടിയെക്കുറിച്ച് പറയുന്നു അപ്പോൾ അവിടെയെല്ലാം ഉള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു സ്വപതസംബന്ധവാത്ത അപ്പോൾ അവിടെ സ്വപത ഉറങ്ങുന്നവൻ ആരാണ് ഇവിടേക്ക് ഉറങ്ങുന്നു എന്ന് പറയുന്നു ഉറങ്ങുക എന്ന് പറയുന്ന നമ്മൾ ധരിക്കുന്ന പോലെ മനസ്സ് ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നും ഗ്രഹിക്കാതെ ഇരിക്കുന്ന ഒരു മനസ്സിന്റെ അവസ്ഥയാണ് അതാണ് നമ്മൾ ഉറക്കമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഉറക്കമെന്ന് പറയുന്നത് മനസ്സിന്റെ അവസ്ഥയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥയാണ് വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥയാണ് നിച്ഛേഷ്ടമായി കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്ന അവസ്ഥയാണ് അപ്പം മനസ്സ് മറ്റേന്ദ്രിയങ്ങൾ ശരീരം ഇതിന്റെയൊക്കെ ഒരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച് ഉറക്കമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സുഷുതി എന്ന് പറയുമ്പോൾ ആ അർത്ഥമല്ല ഉറക്കമെന്നുള്ള അർത്ഥം പിന്നെന്താണത് ഹൃദയാകാശം ഗുരീതനാടി തുടങ്ങിയവയെ കുറിച്ച് ശ്രുതി തന്നെ വിശദീകരിച്ച് അവിടെ തന്നെ എന്താണ് ഈ ആത്മാവിന്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ട് ഹൃദയാകാശത്തിലിരിക്കുന്നു മനസ്സ് പുരീത നാടിയിൽ പ്രവേശിച്ചിരിക്കുന്നു സജീവൻ എന്നെല്ലാം പറഞ്ഞിട്ട് തത്സംബന്ധാവ ശ്രുതി തന്നെ ഇതിൽ നിന്നെല്ലാം മലർന്നുമുക്തമാണ് തന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുകയാണ് അതാണ് ശ്രുതിയുടെ താല്പര്യം അല്ല ഹൃദയാകാശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കസേരിയിൽ ഇരിക്കുന്നത് പോലെ ആത്മാവി ഇരിക്കാനൊരു ഇതിപ്പിടമാണ് കസേര എന്നല്ല നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറിക്കകത്ത് കയറുന്നതുപോലെ ജീവന് കയറിപ്പോകുന്നതിനുള്ള ഒരു ചെറിയൊരു ദ്വാരമാണ് പുരീതനാടി അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു ഒന്നു പറയാതിരിക്കുന്നു ഇതൊന്നുമല്ല ഇവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വപദത്ത സംബന്ധ ഉറങ്ങുന്നവൻ എന്ന് പറയുന്നത് എന്താണ് ഉറക്കം എന്ന് പറയുന്നത് എന്താണ് ആ കേവലമായ സ്വരൂപത്തെയാണ് മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ ഒരവസ്ഥയല്ല അത് തൻ്റെ തന്നെ സ്വരൂപമാണ് പരമാർത്ഥ സ്വരൂപമാണ് അതിന് എന്താണ് ഈ പറയുന്നതൊന്നുമായിട്ടുള്ള സംബന്ധമില്ല അതാണവിടെ ഉദ്ദേശിക്കുന്നത് തത് വിഭിച്ച ദർശയിതും അപ്പം ഇതിൽ നിന്നല്ല ം അവിദ്യ വരെ പോകാം അതിൽ നിന്നെല്ലാം വിവിച്ച് വേർതിരിച്ച് സ്വരൂപത്തെ ദർശിപ്പിക്കുന്നതിന് ശ്രോതാവിനെ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ സുഹൃത്തേയെക്കുറിച്ചുള്ള വർണ്ണന അതുകൊണ്ടെന്നാ പ്രയോജനം വിവിച്ച് ദർശയിതും ശക്തി ആത്മനഹ സ്വയം ജ്യോതിഷം ബാധ്യത അപ്പോൾ ഇതെന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി ഹൃദയാകാശത്തെക്കുറിച്ച് പറഞ്ഞാലും അവിദ്യയെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിനെക്കുറിച്ച് പറഞ്ഞാലും ജീവനെക്കുറിച്ച് പറഞ്ഞാലും ശരി അത്രായം പുരുഷസ്വയം ജ്യോതി എന്ന് തുടങ്ങിയ ഭാഗങ്ങളിൽ അസംഘോയം പുരുഷ എന്നെല്ലാം പറയുന്ന ഭാഗങ്ങളിലെല്ലാം എന്താണ് ശ്രുതിയുടെ താല്പര്യം എന്താണ് അതിന്റെ നിത്യമുക്തമായ നിലയെ ബോധിപ്പിക്കുക അതിന് ന ബാധ്യതയെ അതിന് ഇതെന്നും പറയുന്നുള്ളൊരു ബാധ്യം വരുന്നിട്ട് അതിനൊരു മനസ്സും ബാധിക്കുന്നില്ല അതിനൊരു അജ്ഞാനവും ബാധിക്കുന്നില്ല അതിനൊരു പ്രാണനും ബന്ധിക്കുന്നില്ല എന്നെങ്കിൽ അതിൻ്റെ പരമാർത്ഥ സ്ഥിതിയെ ബോധിപ്പിക്കാതാണ് അതാണ് ശ്രദ്ധയുടെ താല്പര്യം അത് ജാഗ്രതയിൽ പറഞ്ഞാലും ശരി സ്വപ്നത്തിൽ പറഞ്ഞാലും ശരി സൃഷ്ടിയിൽ പറഞ്ഞാലും ശരി എന്താണോ പ്രധാനം അതിന് പ്രാധാന്യം കൊടുക്കും എന്താണോ അപ്രധാനം അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കും അപ്പം ഈ ചർച്ചകളിലെല്ലാം ജാഗ്രസ്വത്തിന ചർച്ചകളിലെല്ലാം ആത്മാവിന്റെ ആ സ്വയം പ്രകാശ സ്ഥിതിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ പ്രാണനോ മനസ്സിനോ അവിദ്യക്കോ നാടികൾക്കോ ഒന്നുമല്ല അതൊന്നും അദ്വൈത ബോധത്തിനുപകരിക്കുന്ന കാര്യങ്ങളല്ല ദൈവം മനസ്സി അവിദ്യ കാമ കണേ പ്രവിക്തൃശ്യൂ അന്യ ജ്യോതിഷ നരയത്തെ യുക്തി വിചാരത്തിൽ എത്ര പ്രഗത്ഭനായാലും ശരി പിന്നെ നിങ്ങളുടെ കഴിവിലും ബുദ്ധിയിലും നിങ്ങളുടെ യുക്തി വിചാര സാമർഥ്യത്തിലൊക്കെ നിങ്ങൾക്ക് എത്ര അഭിമാനമുണ്ടായാലും ശരി അതാണ് സുദർപ്പിതേന ഞാൻ തർക്കം കൊണ്ട് എന്തിനേയും സമ്മർദ്ദിക്കും തർക്കം കൊണ്ട് എന്തിനേയും നിഷേധിക്കും എന്നുള്ള അഹങ്കാരമുള്ളവനാണ് ദർപ്പിതനായ തർക്കികൻ യുക്തിവാദി എന്നാണ് യുക്തിവാദിയുടെ ബലം എന്താണ് യുക്തിയിലുള്ള മിഥ്യയായ അഭിമാനം അതാണ് അതാണ് യുക്തിവാദിയുടെ ബലം അതാണ് സുദർപ്പിതേന തർക്കികേന അങ്ങത്ത ദർപ്പ തർക്കികൻ അവൻ വിചാരിച്ചാലും ശരി ഈ ആത്മാവിന്റെ തന്റെ സ്വയം പ്രകാശമായ ആ സ്വരൂപത്തെ നവാര ഇത് ശക്തി അവനെ നിഷേധിക്കാൻ യുക്തികൊണ്ട് തർക്കം കൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയത്തില്ല സ്വയം ജ്യോതിഷ എന്നത് തന്റെ സ്വതസിദ്ധമായ രൂപമാണ് എന്ന് അതിനെ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു അത്രായം പുരുഷ അവിടെ എന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നിഷേധിക്കാൻ വേണ്ടി അല്ല അതിന് സ്വപ്നത്തെ പറയുന്നു മനസ് അവിദ്യാ കാമകർമ്മ നിമിത്ത ഉദ്ഭൂതവാസന അവധി സ്വപ്നം എന്ന് പറയുമ്പോൾ ആ സ്വപ്നത്തിലെ അറിവ് സ്വപ്നത്തിലെ കാഴ്ചകളും ഒക്കെ എവിടെ സംഭവിക്കുന്നു മനസ്സിൽ ആ മനസ്സെങ്ങനെയുള്ളതാണ് അവിദ്യാ കാമകർമ്മ നിമിത്തമായ ഉദ്ഭൂതവാസനയോടുകൂടിയത് പ്രകടമായ വാസനയോടുകൂടിയത് ഫലത്തെപ്പെടുക്കുന്നതിന് തയ്യാറായ വാസന അതാണ് ഉദ്ഭൂത പ്രകടം ആയ വാസന എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഭക്ഷ്യതാരൻ പൊതുവേ പറയുന്നു തത്വത്തിന്റെ പരമാദൃഷ്ടിയിലല്ല ലോക വ്യവഹാര മര്യാദ അനുസരിച്ച് പറയുന്നു പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ വാസനകൾ ഈ ജാഗ്രത്തിൽ ഫലം കൊടുക്കുന്നതുപോലെ തന്നെ സ്വപ്നത്തിലും ഫലം കൊടുക്കുന്നു അവിടെ ആ ജാഗ്രതകൾ ആ വാസന ജാഗ്രതാകുന്നു പ്രബുദ്ധമാകുന്നു ഉദ്ബോധമാകുന്നു എന്നു പറയുന്നതാണ് അവിദ്യ കാമകർമ്മ നിമിത്ത ഉദ്ഭൂതവാസനാവതി അതിങ്ങനെ അടിഞ്ഞു കിടക്കുന്നതിനാണ് വാസന എന്ന് പറയുന്നത് അത് തന്നെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ സ്വപ്നം എന്ന് പറയുന്നു ത്തിനുള്ളിൽ തന്റെ മനസ്സിൽ ദുഃഖം ദുഃഖത്തിന് ഹേതുവായതുമായ പൂർവ്വജന്മത്തിലെ ദുഃഖ അനുഭവത്തിൽ നിന്നുണ്ടായതും ഇനി ഈ സ്വപ്നത്തിലോ ജാഗ്രത്തിലോ ദുഃഖത്തെ അനുഭവിക്കുന്നതിന് പ്രകടമാകുന്നതുമായ ഒന്ന് കിടക്കൊണ്ടതിനാണ് വാസന എന്ന് പറയുന്നത് അത് പ്രകടമാകുന്നു എന്തിന് ദുഃഖാനുഭവത്തെ ഉണ്ടാകും എവിടെ സ്വപ്നത്തിൽ അപ്പം അതങ്ങനെ പ്രകടമാകുന്ന എന്തുകൊണ്ട് ഉറങ്ങിക്കിടുന്ന ആവാസനം പ്രസുപ്തവാസനം എന്ന അവിദ്യ കാമകർമ്മങ്ങൾ പലതുകൊണ്ട് തന്നെ അവിദ്യ അവൻ്റെ കർമ്മങ്ങൾ പല നിമിത്തങ്ങളും കൊണ്ട് വാസന ഉദ്ഭൂതമാകുന്ന ഉടൻ അവിടെ ദുഃഖാനുഭവം ഉണ്ടാകുന്നു അതുപോലെ സുഖാനുഭവം ഉണ്ടാകുന്നു അതുകൊണ്ട് വാസവതി കർമ്മനിമിത്ത വാസന ഈ വാസന എന്ന് പറയുന്നത് സംസ്കാരമാണ് പൂർവത്തിൽ താൻ ദുഃഖത്തിന് നിമിത്തമായ എന്തോ ഒരു പ്രവൃത്തി ചെയ്തു ആ പ്രവൃത്തിയുടെ ഫലമായി തന്നിൽ അവശേഷിച്ച ഒന്നാണ് ഒരു സംസ്കാര വിശേഷമാണ് വാസന അതുപറയുന്നു കർമ്മനിമിത്ത കർമ്മം കൊണ്ട് ഉണ്ടായ വാസന മനസ്സി അവിദ്യ കാമ കർമ്മനിമിത്തോത്ഭൂതവാസനാവതി കർമ്മനിമിത്ത അവിദ്യയാ അവിടെ അടിസ്ഥാനപരമായ അവിദ്യ കൂടിച്ചേരുന്നു അന്യ വസ്തുരം ഇവ പശ്ചിത്ത ആ വാസന തന്നെ പ്രകടമായി ആ മനസ്സിൽ തന്നെ നാനാവസ്തുക്കളെ പോലെ അനുഭവിക്കാൻ കഴിയുന്നു ജീവന് ആനീ കുതിരി അതുകൊണ്ടുണ്ടാകുന്ന ഭയകമ്പാദികളും ശോകമോഹങ്ങളും എല്ലാം അതാണ് അവിദ്യയ അന്യത് വസ്തുതരമ ആ സ്വയജ്യോതിസായ പുരുഷനിൽ നിന്നും അന്യമായിരിക്കുന്ന മനസ്സ് അതാണ് അന്യത് വസ്തുതരമ തന്നിൽ നിന്നും അന്യമായ ഒരു വസ്തുവിനെ പോലെ സ്വപ്നത്തിൽ ആ മനസ്സ് തന്നെ അഹന്തയായും ഇതന്തയായും മാറുന്നു മനസ്സ് തന്നെ കാണുന്നവനായിരിക്കുന്നു മനസ്സ് തന്നെ കാഴ്ചയായിരിക്കുന്നു മനസ്സ് തന്നെ കാഴ്ചയുടെ വിഷയമാകുന്നു എല്ലാം മനസ്സ് തന്നെ ഇദന്തയ എന്ന് പറയുന്നു അത് കേവലം ആ വാസന തന്നെ പൂർവ്വജന്മത്തിന്റെ വാസനയാണ് അത് പ്രകടമായി ആ വാസന എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സല്ല മനസ്സിന്റെ സൂക്ഷ്മമായ അംശമാണ് അല്ല പുറത്തുനിന്നൊന്നും വരുന്നു എന്തുണ്ട് അവിടെ ഒന്ന് തന്നെ അഹന്തയായും ഇതന്തയായും മാറുന്നു എന്നാണ് എങ്ങനെ ഞാനിതാ ആനയെ കാണുന്നു മനസ്സ് പറയുന്നു ശരി മനസ്സിന്റെ മുൻപിക്കുന്ന ആന ഏതാണ് മനസ്സ് തന്നെ ഇതാ ഈ ആനയെ ഇദന്തയായി മാറുന്നു അവിടെ പുറത്തു വന്നില്ല നമുക്ക് ജാഗ്രതയിൽ വേണമെങ്കിൽ അതിന് വ്യത്യാസമില്ല ഇവിടെ അങ്ങനെയല്ല ഞാൻ പുസ്തകത്തെ കാണുന്നു അഹം ഇതം എന്ന് വേർ പിരിയുന്നു ഇവിടെ ഞാൻ ഈ പുസ്തകത്തെ കാണുന്നു അഹന്ത ഇതന്തേം പിരിയുന്നു ഇവിടെ അവിടെ എനിക്ക് പിരിയുന്നു എന്ന് മാത്രമാണ് ഞാൻ വ്യക്തമായും പറയുന്നു ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇതിനെ കാണും വ്യക്തത കൊണ്ട് ഇതിന് നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആ വ്യക്തത കിട്ടുന്നില്ല ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇതിനെ കാണുന്നു എന്ന അഹന്തക്കും ഈ ദന്തക്കും ഈ വ്യക്തത അവിടെ കിട്ടുന്നില്ല അവിടെ എന്താണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണോ ഇവിടെ അങ്ങനെയാണോ എന്റെ ഉള്ളിലിരിക്കുന്ന മനസ്സ് ആ മനസ്സിൽ നിന്ന് വേറെ പുറമെ ബാഹ്യമായി അവർ പ്രസവിക്കുന്നു അതിനെ ഞാൻ ഇതം എന്ന് കാണുന്നു എന്നിവിടെ അറിയുന്നത് പോലെ അവിടെ അറിയാൻ പറ്റുന്നില്ല അവിടെ ഏകമായ വാസനാമയുമായ മനസ്സ് ആ മനസ്സ് തന്നെ ഞാനായി എന്റെ അറിവായി ഞാൻ കാണുന്ന വിഷയമായി എല്ലാം മാറുന്നു അവിടെ അവിടെ അഹമായും ഇതമായും എല്ലാം മാറുന്നു ഒരേ ഒരു സാധനം തന്നെ ആ മനസ്സ് തന്നെ അവിടെ ഇതം അനുഭവം ഇല്ലെന്നല്ല പറയുന്നു ഇവിടെ എങ്ങനെയാണോ ഈ പുസ്തകത്തിൽ ഇതമനുഭവം ഉള്ളത് അതുപോലെ തന്നെ ആനയിലും ഇത് അനുഭവമുണ്ട് പക്ഷേ അവിടെ മാറിയതെന്താണ് ആ മനസ്സ് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നില്ലതാ എൻ്റെ മനസ്സ് തന്നെ ഇവിടെ പുസ്തകമായി മാറിയിരിക്കുന്നു എനിക്ക് ഈ പുസ്തകത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല കാരണം പറയുന്നു എൻ്റെ മനസ്സെൻ്റെ ഉള്ളിലാണ് ഈ പുസ്തകം എന്റെ ബാഹ്യമാണ് ഇവിടെ ആന്തരികം ബാഹ്യം എന്നുള്ള ഭേദത്തെ സൃഷ്ടിച്ചിട്ട് മനസ്സ് തന്നെയും വിഷയത്തെയും വേറെ വേറെയാക്കി കാണിക്കുന്നു അവിടെ അതില്ല അവിടത്തെക്കുറിച്ച് ജാഗ്രതയിലിരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ ഉള്ള കാര്യം പറയുകയാണ് ചിന്തിക്കുമ്പോൾ അവിടെ കേവലമായ മനസ്സാണ് ഉണ്ടായിരുന്നത് ഈ ജാഗ്രത്തിൽ ഞാൻ കാണുന്ന ആനയോ കുതിരയോ ഒന്നുമൊന്നുമില്ല ആനയും കുതിരയും പോകട്ടെ ഈ ജാഗ്രതയിൽ താൻ കാണുന്ന പിതാവോ പുത്രനോ ഒന്നും അല്ല അവിടെ ഈ ജാഗ്രത പിതാവും പുത്രനുമെല്ലാം എന്നിരുന്ന അന്യമായി എന്റെ മനസ്സിന് വിഷയമായി നിൽക്കുമ്പോൾ അവിടെ ആ സ്വപ്നത്തിൽ പിതാവും പുത്രനും എല്ലാം എന്റെ മനസ്സ് തന്നെയാണ് എന്ന് ജാഗ്രത തിരിച്ചറിയുന്നു അപ്പൊ ജാഗ്രതത്തിലെ ഇതന്ത അല്ല അവിടെ അവിടുത്തെ ഇതന്ത എന്ന് പറയുന്നത് മനസ്സിന്റെ തന്നെ ഒരു സൃഷ്ടിയാണ് എന്ന് ജാഗ്രതത്തിൽ ബോധിക്കാൻ കഴിയുന്നു എപ്പോ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ടും തമ്മിലെ വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു മനസ്സിയ വിദ്യ കാമകർമ്മനിമിത്താസനാവതി കർമ്മനിമിത്താസന കർമ്മനിമിത്തമായ വാസന അവിദ്യയാദ്യ കൊണ്ട് അന്യ മനസ്സിനെ വസ്തുവ മറ്റൊരു വസ്തു എന്നതുപോലെ ആനപോലെ കുതിര പോലെ എല്ലാം പശ്യതൃഷ്ടു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ അവിടെയുണ്ട് ഈ ആനയും കുതിരയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടാവ് അതിനെയാണ് ഇവിടെ പറയുന്നത് സ്വയം പ്രകാശനായിരിക്കുന്നവൻ എന്ന് പറയുന്നതാണ് ആ സ്വയം പ്രകാശനായിരിക്കുന്നവനാണ് ഇവിടെ മറ്റൊരു രൂപത്തിൽ സ്വയം പ്രകാശനായിരുന്നു കൊണ്ട് വിഷയങ്ങൾ ആഗ്രഹിക്കുന്നത് അവൻ തന്നെ മറ്റു രൂപത്തിൽ സുഷൃത്തിയിൽ വ്യവഹാരശൂന്യനായിരിക്കുന്നു അല്ല ഈ സ്വപ്നത്തിൽ നമ്മെ പരിചയപ്പെടുത്തി ന സ്വയം ജ്യോതിഷ എന്ന് പറയുന്ന ഈ ചൈതന്യമാണ്